പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻറെ നാമത്തിൽ ജിന്നുകളിൽ ഒരു സംഘം ഖുർആാൻ ശ്രമിച്ചതായും അവർ തീർച്ചയായും ഞങ്ങൾ അത്ഭുതകരമായ ഒരു കുർആാൻ കേട്ടു എന്ന് പറഞ്ഞതായും എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു